അവർ അള്ളാഹു സുബഹാനുഹുവ ടാൽ അവിനെ യഥാർത്ഥമായ രീതിയിൽ വിലമതിച്ചില്ല പുനരുത്ഥാന ഭൂമി മുഴുവൻ അവൻറെ ഒരു കൈപ്പിടിയിലായിരിക്കും ആകാശങ്ങൾ അവൻറെ വലതുകൈയിൽ ചുരുട്ടപ്പെട്ടതായുമായിരിക്കും അവർ പങ്കു അവൻ പരിശുദ്ധനും ഉന്നതനുമാകുന്നു